തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ തെളിവുകളോടെ അയച്ചു ജനങ്ങൾ നീതിപൂർവം ജീവിക്കുന്നതിനായി നാം അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസുമിറക്കി കഠിനമായ കരുത്തും മനുഷ്യർക്കുപകാരങ്ങളുമടങ്ങിയ ഇരുമ്പിനെയും നാം ഇറക്കി അള്ളാഹു സുബാനഹുവായാലയെയും അവൻറെ ദൂതന്മാരെയും അദൃശ്യമായി ആര് സഹായിക്കുന്നു എന്ന് അല്ലാഹു അറിയുന്നതിനും വേണ്ടിയാണിത് തീർച്ചയായും അള്ളാഹുസുബാനുഹുവ ത്തായാല ശക്തനും പ്രതാപശാലിയുമാകുന്നു